ോ പൃഥക് വിരുദ്ധ ഭിന്നലൗ ബാളാ പ്രവദി നോം ചിക്കുന്നവർക്കും കർമ്മിഗൾക്കും അതിന് കിട്ടുന്ന ഫലം രണ്ടാണ് വിരുദ്ധമാണെന്ന് പറയുന്നവര് അറിവില്ലാത്തവരാണ് ബാലാഹ ബാലാഹെന്നുവെച്ച കുട്ടികൾ എന്ന് വെച്ചാൽ ഈ സ്പിരിച്വലി ദർ ബേബി അവർക്ക് അറിയില്ല വസ്തു അറിയാത്തത് കൊണ്ടാണ് പറയുന്നത് ന പണ്ഡിതാഹ വാസ്തവത്തിൽ അറിവുള്ളവർ അങ്ങനെ പറയില്ല പണ്ഡിതാഹതു ഞാനിനേകം ഫലം അവിരുദ്ധമിച്ഛന്തി രണ്ടിനും ഫലം ഒന്ന് എന്ന് ജ്ഞാനികൾ അറിയുന്നു അതാണ് അടുത്ത ശ്ലോകം നോക്കൂ യംഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്ധി ഗമ്യത്തെ യോഗം ചീ യംഖ്യൈ പ്രാഗൈരപ്പിഗ്യത്തെ മോക്ഷാഖ്യം തദ്ോൈ അപ്പം ജാനപ്രാപ്യായ ഈശ്വരെ സമർപ്പി ആത്മന ഫലം അനഭിസന്ധ അനത്തിഷന്തിന് തൈ അപ്പം പ്രാപ്തി ഖ്യന്മാർ ജ്ഞാനികൾ അവരേതൊരു സ്ഥാനത്തിനെ നേടുവോ അത് കർമ്മയോഗികളായിട്ടുള്ളവരും നേടിയെടുക്കും കർമ്മയോഗികൾക്ക് കർമ്മമാണ് പ്രധാനം ജ്ഞാനയോഗികൾക്ക് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിൽ നിന്നൊക്കെ വേർപെരിഞ്ഞ് താൻ തന്റെ സ്വരൂപത്തിൽ നിൽക്കുന്നതാണ് പ്രധാനം കർമ്മയോഗികൾക്ക് ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെയാണ് പ്രധാനം അതിനെ എന്ത് ചെയ്യണു നിരന്തരം ഉപയോഗിക്കണു എന്തിനു തനിക്ക് വേണ്ടി അല്ല അത്രയേ ഉള്ളൂ നിരന്തരം ഉപയോഗിക്കണം പണിയെടുത്തുകൊണ്ടേയിരിക്കും ശരീരം കൊണ്ട് ശരീരവാങ് മനോഭി ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്യുന്ന കർമ്മമൊക്കെ തന്നെ ഈശ്വരാർപ്പണത്തോടുകൂടെ അവർ ചെയ്യുകയാണ് അവരാണ് കർമ്മയോഗികൾ നിരന്തരം പണിയെടുക്കുകയാണ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല അങ്ങനെയുള്ള കർമ്മയോഗികൾ കുറെ കഴിയുമ്പോ എന്താവും അവരുടെ ചിജട ഗ്രന്ഥി ഉപാധി ദോഷം വിട്ട അകലും ഉള്ളിലുള്ള അഹങ്കാരം ഓരോ പണിയിലും അതിനെന്തെങ്കിലും ദിനം കിട്ടുമോ നോക്കിക്കൊണ്ടേയിരിക്കും അതിനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ ദേഹാദി ഉപാധികളോടുള്ള ബന്ധത്തിൽ വിട്ടുവരും അതിനാണ് നമ്മളെ ചിത്തശുദ്ധി എന്ന് പറയുന്നത് സുഗംബന്ധാ പ്രമുച്ഛ്യത എന്ന് ഭഗവാൻ കർമ്മയോഗികളെ പറയാനും കാരണതാണ് അവര് പ്രവർത്തിക്കണു അവർക്ക് പ്രവർത്തിക്കാനുള്ള വേഗമുണ്ട് അവരുടെ ഉള്ളിൽ പക്ഷെ ആ പ്രവർത്തി ഒക്കെ എന്തിനു വേണ്ടി ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിനു മുമ്പ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് പല കഥകളും ഇതിന്റെ ഉദാഹരണത്തിനായി പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്താ അവരുടെ തൊഴിലെന്ന് വെച്ചാൽ ആ തൊഴിൽ ചെയ്യും പക്ഷെ അവർ അതിലെ ഫലത്തിലൊന്നും അവർ ആഗ്രഹിക്കണില്ല കബീർ ജീവിതം അവസാനം വരെ തുണി നെയ്തുകൊണ്ടിരുന്നു എന്നാണ് തുണി നെയ്ത്തുകാരനായിരുന്നു അദ്ദേഹം ജ്ഞാനിയായിരുന്നു പരമഭക്തനായിരുന്നു എല്ലാമായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പണി അദ്ദേഹം അവസാന കാലം വരെ ചെയ്തുകൊണ്ടിരുന്നു തുണി നെയ്ത്ത് ചെയ്തുകൊണ്ടിരുന്നു ആ തുണി നെയ്ത്ത് ചെയ്തിട്ട് രാജാക്കന്മാരൊക്കെ വന്ന് പറയും ഇനി നിങ്ങൾ എന്തിനാണ് പണിയെടുക്കണത് ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു തരാം കബീർ പറയണ ഞാൻ പണിയൊന്നും എടുക്കണമല്ലോ ഈ ശരീരത്തിന്റെ സ്വഭാവം അത് ചെയ്യടും ആരാധനയാണ് പൂജയാണ് യർമ്മി തം ശാരാധനം അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ആളുകളെ മനസ്സിലാക്കാൻ പറ്റില്ലേ ചില ആളുകൾ ജീവിതാവസാനം വരെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവര് ശാന്തരല്ലെന്നും സമാധാനം ഇല്ലാത്തവരൊന്നും അല്ല പറയാൻ പറ്റില്ല അവര് പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയൊന്നുമല്ല അവര് വെറുതെ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകും ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ സ്വഭാവം അതാണ് അവരെ വന്നിട്ട് നിങ്ങൾ ഒരിടത്ത് ഇരുന്ന് നാമം ജപിക്കൂ അല്ലെങ്കിൽ ഒരു ഭഗവാനെ ധ്യാനിക്കൂന്ന് പറഞ്ഞാൽ അവരെ പറ്റില്ല അത് അവരുടെ സ്വഭാവം അവരുടെ നേച്ചർ അല്ല ഈ നാമം ജപിക്കുകയും ചെയ്യുന്ന ആളുടെ അടുത്ത് നീ പണിയെടുക്കും എന്ന് പറഞ്ഞാൽ അയാൾക്ക് പറ്റില്ല ജ്ഞാന ചെയ്യുന്ന ആളുടെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അയാൾക്കും പറ്റില്ല അപ്പൊ ഇതൊക്കെ തന്നെ ആളുകളുടെ ടെമ്പറമെന്റ് അനുസരിച്ചും അയാള് ജന്മജന്മങ്ങളായി കൊണ്ടുവന്നുള്ള സ്വഭാവത്തിനനുസരിച്ചുമാണ് ഇത് ഗീതയിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും ഭഗവാൻ പറഞ്ഞത് നമ്മളുടെ കണ്ണാടി പോലെയാണ് നമ്മളെ എവിടെ കാണുന്നു അതിനെ അംഗീകരിക്കലാണത് നമ്മളുടെ രീതി എവിടെ ചിലർക്ക് ഒരു അവസാനം വരെ പണിയെടുക്കുന്നു അപ്പൊ ചില ആളുകൾ വിചാരിക്കും ഇങ്ങനെ ഞാൻ പണിയെടുത്തുകൊണ്ടേ ഇരുന്നാൽ എന്നാണ് എനിക്ക് മോക്ഷം ഉണ്ടാവുക എന്ന് ഞാൻ ഏകാന്തമായി അവർക്കൊരു കോൺസെപ്റ്റൊക്കെ വയ്ക്കും ഇതൊക്കെ വിട്ടിട്ട് വേണം നാളെ എനിക്ക് ഒരിടത്തിരുന്നു നാമം ജവിക്കാൻ അങ്ങനെയൊന്നും ധരിക്കേണ്ട നിങ്ങൾക്ക് പണിയെടുക്കുന്നത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പണി അതുപോലെ എടുത്തുകൊണ്ടിരുന്നോളൂ നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള സ്വാർത്ഥതയെ വിട്ടിട്ട് ആർക്കെങ്കിലും മംഗള വേണ്ടി ഇന്നലെ പോലെ ഈശ്വര ദർശനം ഇന്നലെ കഥ പറഞ്ഞ പോലെ ആ ട്രെയിനിലിരിക്കുമ്പോൾ ആ സീറ്റ് എടുത്തുകൊടുത്ത് അയാളുടെ മുഖത്തൊരു പ്രസന്നത കണ്ടില്ലേ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആർക്കെങ്കിലും ഒക്കെ ആനന്ദം ഉണ്ടാവണമുണ്ടെങ്കിൽ അത് ആരാധനയാകും നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ നിങ്ങൾ പലരിലൂടെയും ദർശിക്കും പലരുടെ ഹൃദയത്തിലും സന്തോഷം ഉണ്ടാവുന്നതിലൂടെ ദർശിക്കും നിങ്ങൾ വിശ്വാത്മാവായ വിരാട് പുരുഷനെ പല ശരീരങ്ങളിലൂടെ ഉപാസിക്കുന്നവനാണ് കർമ്മയോഗം ചെയ്യുമ്പോൾ അവരവരുടെ കുടുംബത്തിലിരിക്കുമ്പോ ആ കുഞ്ഞില് ആ കുഞ്ഞ് എന്റെ കുഞ്ഞാണ് അതിനുവേണ്ടി ഞാൻ ചെയ്യണു എന്നുള്ള സ്വാർത്ഥതയും ആ കുട്ടി നാളെ എല്ലാ കുട്ടികളെക്കാളും റാങ്ക് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹവും ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോ എന്റെ ധർമ്മം ചെയ്യണു കുട്ടിക്ക് ഊണ് കൊടുക്കുമ്പോ എന്റെ ധർമ്മം ചെയ്യണു അതിനകത്തുള്ള ഭഗവാൻ പ്രസന്നനാവട്ടെ നിസ്സംഗമായിട്ട് ചെയ്യുന്നു അത് തന്നെ അടുത്ത വീട്ടിലെ കുട്ടിയാണോ കൊണ്ടാക്കണതെങ്കിൽ ഇതേപോലെ ചെയ്യും ഇതിപ്പ എന്റെ ഈ കുട്ടി നമ്മൾ അജ്ഞാനം കൊണ്ട് ധരിക്കുകയാണ് എന്റെ കുഞ്ഞാണെന്നാണ് ഏതോ ഒരു ജീവൻ നമ്മളെ ഒരു ചാനലാക്കി വെച്ചുകൊണ്ട് ലോകത്തിൽ അവതരിക്കുകയാണ് അത് നമ്മൾ അജ്ഞാനം കൊണ്ട് നമ്മളുടെ കുട്ടിയാണോ എന്ന് ധരിക്കുകയാണ് അതൊന്നും നമുക്ക് അറിയേയില്ല അത് എവിടെ നിന്ന് അറിയില്ല എങ്ങനെ വന്നു അറിയില്ല അത് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് അതുകൊണ്ട് ചൈതന്യം ഒരു രൂപം ധരിച്ച് മുമ്പിൽ വരികയാണ് ഇതറിഞ്ഞുകൊണ്ട് നമ്മൾ ആരുടെ അടുത്തൊക്കെ ബന്ധപ്പെടുന്നു അവരൊക്കെ അങ്ങനെയാണ് ഭാഗവതത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ സയേവന്താ ധന്യാ ഭഗവന്ത യുദ്ധം യത് വാസുദേവെ അഖിലലോകനാഥേ കുറവന്തി സർവാത്മകം ആത്മഭാവം നയത്രഭൂയ പരിവർത്തഗ്രഹ എന്നൊരു ശ്ലോകമുണ്ട് ഭഗവാനെ എല്ലാ ഭൂതങ്ങളിലുള്ള ആത്മതന്ത്രനായിട്ട് അറിഞ്ഞുകൊണ്ട് എല്ലാ ജീവന്റെ രൂപത്തിലും നമ്മളുടെ മുമ്പിൽ ഭഗവാനാണോ വന്നിരിക്കണതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് സേവ ചെയ്യാൻ മാത്രമേ നമ്മൾക്ക് അധികാരമുള്ളൂ അല്ലാതെ ഇങ്ങടെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ അധികാരം ഇല്ല പറയാൻ അധികാരമില്ല അത് നമ്മളുടെ സീമയിൽ പെട്ടിട്ടൊന്നുമല്ല ഇവിടെ വന്നിരിക്കണത് ഇവിടെ ലോകത്തിൽ നമുക്ക് പലരുമായിട്ട് ബന്ധമുണ്ട് അവരുടെ അടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരെ സന്തോ അവര് പൂജ ചെയ്യാന്ന് വെച്ചാൽ എന്താ അവരെ സന്തോഷിപ്പിക്കാം സന്തോഷിപ്പിക്കാന്ന് വെച്ചാലോ അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും സന്തോഷിപ്പിക്കലല്ല ചിലപ്പോ നാല് പെട കൊടുക്കേണ്ടി വരും ഹിതത്തിന് വേണ്ടി ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണില്ലേ ഹിതമാണ് ഹിതത്തിന് വേണ്ടി പ്രിയം ചെയ്യാൻ പാടില്ല ഹിതം ചെയ്യണം ഹിതം ചെയ്യുമ്പോ ഉള്ളിലുള്ള അന്തരിയാമി സന്തോഷിക്കുകയും ശരീര മനസ്സുകൾ സന്തോഷിക്കാതിരിക്കുകയും ചെയ്തേക്കാം വളരെ മിസ്റ്റീരിയസ് ആണത് നമ്മൾ ഒരു ജീവന് ഹിതം ചെയ്യുമ്പോ ഉള്ളിലുള്ള അന്തര്യാമി സന്തോഷിക്കും ശരീര മനസ്സുകൾ സന്തോഷിക്കില്ല അതുകൊണ്ട് പലപ്പോഴും കാണറു കാണുന്നുണ്ട് അച്ഛനമ്മമാര് കുട്ടികളെ വളരെയധികം ഡിസിപ്ലിൻഡായിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില വീട്ടുകളിലെ അച്ഛൻ കുട്ടികളെ ലാളിക്കുകേയില്ല വളരെ ഗൗരവമായിട്ടൊക്കെ കുട്ടികൾക്ക് പേടിയാണ് അച്ഛനെയൊക്കെ അങ്ങനെയൊക്കെ കുടുംബത്തിലൊക്കെ വളർന്നു വന്ന കുട്ടികള് പിൽക്കാലത്ത് അച്ഛനെയും അമ്മയൊക്കെ ദൈവം പോലെ കണക്കാക്കിക്കൊണ്ട് ആരാധിക്കുകയും എന്തു വേണമെങ്കിൽ ചെയ്തു കൊടുക്കുകയും അതേസമയം ചില അച്ഛനും അമ്മമാർ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്ക സിനിമയ്ക്ക് പോണോ ടി വി പോണോ ടി വി വാങ്ങിച്ചു കൊടുക്കുക കമ്പ്യൂട്ടർ വേണോ എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവസാനം പിള്ളേരെ അവിടെയും ഇവിടെയും പോയി എന്തൊക്കെയോ ആയി തീർന്നിട്ട് അച്ഛനും അമ്മയും ഓൾഡ് ഏജ് ഹോമിലോ ഏതെങ്കിലും ഹോമിൽ കിടക്കും തിരിഞ്ഞേ നോക്കില്ല എന്ത് പറ്റി ഈ അച്ഛനും അമ്മയും പറയണോ അവർക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തു ഞങ്ങൾക്ക് അവർ തിരിച്ചൊന്നും തരണില്ല കാരണം എന്താന്ന് വെച്ചാൽ അവരെ നിങ്ങൾ അറിയാതെയാണ് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തത് നിങ്ങൾ ചെയ്തു കൊടുത്തത് അവർക്കല്ല അവരുടെ ശരീരവും മനസ്സിനുമാണ് അതായത് ജയിലിൽ കിടക്കുന്ന പുള്ളിയെ ജയില് തുറന്നു വിടാൻ അയാളുടെ ജയിലിൽ രണ്ട് മൂന്ന് കമ്പി കൂടെ വെച്ചു ഉള്ള കമ്പിയിൽ പെയിന്റ് അടിച്ചു കൊടുക്കുകയും ജയിൽ ചുമരന് ചായം പൂശി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ പോലീസ് ഓഫീസർ പറയുകയാണ് ഞാൻ അയാൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് നിങ്ങൾ ജയിലിനാണ് പെയിന്റ് അടിച്ചു കൊടുത്തത് ജയിലിൻ്റെ ഉള്ളിൽ അയാൾക്ക് കുറച്ച് സുഖമൊക്കെ കൊടുത്തു ആയിരിക്കും അയാൾക്ക് ജയിലിന്റെ കമ്പിയുടെ കൂടെ ഓരോന്നൊക്കെ ഇട്ടു ഭക്ഷണമൊക്കെ കൊടുത്തു പക്ഷെ ജയിലിനുള്ളാണോ അപ്പൊ ഈ ജീവനും അറിയില്ലേ അത് പറയും എനിക്ക് ചോക്ലേറ്റ് വേണമോ എനിക്ക് അത് വേണം എന്ത് വേണമെന്ന് കുട്ടി ചോദിച്ചോ എല്ലാം വാങ്ങിച്ചു കൊടുത്തു അച്ഛൻ കുറെ കഴിയുമ്പോൾ ഈ ഉള്ളിലുള്ള ജീവൻ കിടന്ന് പെടുകയാണെ അതിന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തത് ഈ അച്ഛനമ്മമാരെ കുറച്ച് നിയന്ത്രിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിലുള്ള ജീവൻ ഒരു ശാന്തി ഉണ്ടാവും അതിന് ഹിതം ചെയ്യാണ് നിങ്ങൾ അതിനു പകരം അതിനുള്ള വൃത്തികേടുകൾ അത് ആകപ്പാട സ്വയം നിയന്ത്രണമില്ലാതെ വന്ന ആ ശരീരത്തിൽ ഇനിയും കുറച്ച് ചാപല്ലയൊക്കെ കൊടുത്തിട്ട് ഞാൻ കുട്ടിക്ക് നല്ലത് ചെയ്തു എന്ന് പറഞ്ഞ് പറയുന്ന അച്ഛനമ്മമാരുടെ ഉള്ളിലുള്ള അന്തർയാമി ശവിച്ച് തൂരെ എറിഞ്ഞിട്ടാണ് ആ മക്കൾ എവിടെയെങ്കിലേക്കൊക്കെ പോണത് ഓരോ ജീവനും ഇവിടെ മോക്ഷത്തിന്റെ ബീജവും കൊണ്ടാണ് വരണതേ ഓരോ ജന്മവും അതിനൊരു ചാൻസാണ് എവിടെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ നോക്കുകയാണ് ആ ജീവൻ അപ്പൊ അച്ഛനെയോ അമ്മയോ ഒക്കെ കാണുമ്പോ ആ ജീവൻ ചോദിക്കുകയാണ് എനിക്ക് എവിടെയെങ്കിലും വഴി കാണിച്ചു തരു വഴി കാണിച്ചു തരുമോ എന്നാണ് അതിന്റെ പ്രാർത്ഥന അപ്പൊ ലോകത്തിൽ വരുമ്പോ നമുക്ക് ഓരോരുത്തർ അതുപോലെ കുഞ്ഞു മാത്രമല്ല നമ്മളുടെ വീട്ടിലുള്ള മുത്തശ്ശൻ മുത്തശ്ശി ബന്ധുക്കൾ നമുക്ക് അടുത്തുള്ളവരെയൊക്കെ സാധിക്കുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് പതുക്കെ പതുക്കെ പതുക്കെ അവരുടെ അന്തര്യാമിയെ ഉണർത്താൻ പറ്റുമോ നോക്കാം എന്നുവെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു ത്യാഗം വൈരാഗ്യം ശാന്തി ഭഗവത് ഭക്തിക്കുള്ള വഴി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കടക്കോ എന്ന് ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കർമ്മയോഗമാണ് അത് ആരാധനയാണ് കർമ്മയോഗമാണ് ഭക്തി സാധനാഭക്തി സാധനാഭക്തി എന്ന് പറയുന്നത് കർമ്മയോഗമാണ് നമ്മൾ പൂജ ചെയ്യുന്നുണ്ടല്ലോ ഭഗവാൻ അർഗ്യം പാദ്യം നിവേദ്യം ആചവനം സ്നാനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് നമ്മൾ ചെയ്യാനുള്ള കർമ്മയോഗത്തിനും ഒരു ട്രെയിനിങ് മാത്രമാണ് വരുന്ന അതിഥികളിലും മുമ്പിൽ കാണുന്നവരിലും ഒക്കെ ഇതൊക്കെ ചെയ്യണമെന്നാണ് അങ്ങനെ സർവഭൂതങ്ങളിലും അന്തര്യാമിയായി നിൽക്കുന്ന ഭഗവാനെ ഉപാസിക്കുന്നത് കർമ്മയോഗമാണ് കർമ്മയോഗം തന്നെ ഭക്തിയോഗമാണ് സാധനാഭക്തിയാണ് ഒരു ചുരുക്കത്തിൽ സാധനാഭക്തി അനുഭവഭക്തി പരാഭക്തി എന്ന് ഈ മൂന്നിനെയും പറയാം കർമ്മയോഗം സാധനാഭക്തിയാണ് ജ്ഞാനയോഗം അനുഭവഭക്തിയാണ് ഭക്തിയോഗം എന്ന് നമ്മള് വാസ്തവത്തിൽ പറയേണ്ടത് പരാഭക്തിയാണ് അതായത് അത് ലക്ഷ്യമാണ് കാണുന്നതൊക്കെ ഭഗവാനാണെന്നും ഭഗവത് അനുഭവമേ ഉള്ളുവെന്നും ഒക്കെ വിട്ടുപോയി എന്നും ഭഗവാനല്ലാതെ ഒന്നുമില്ലാതെ സർവഭൂതേശിയശേ ഭഗവത്ഭാവം ആത്മനാഹ എന്ന് പറയുന്നത് ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ സാധനാ ഭക്തിയിൽ തുടങ്ങണം നമ്മളുടെ സ്വാർത്ഥതയെ പതുക്കെ പതുക്കെ പതുക്കെ യജിക്കണം ബുദ്ധിമുട്ടാണെങ്കിലും ആദ്യ ഈ അറിവ് നമുക്ക് പ്രയോജനപ്പെടും നമ്മൾ ഇത്രകാലം ധരിച്ചിരിക്കുന്നത് സ്വാർത്ഥതയെ പോഷിപ്പിക്കുന്നതിലാണ് സുഖമെന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു സ്വാർത്ഥതയെ യജിക്കൂ എന്ന് പറയുന്ന അറിവ് ഉള്ളിൽ വെച്ചുകൊണ്ട് ഇനി മേലാൽ ജീവിക്കുകയും പതുക്കെ പതുക്കെ പതുക്കെ നമ്മളെ തന്നെ യജിച്ച് ശുദ്ധം ചെയ്യുകയും ചെയ്യുമ്പോ ഭക്തി സാധന പതുക്കെ പതുക്കെ പതുക്കെ മേലെ പോകും അങ്ങനെയുള്ള കർമ്മയോഗം ആണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ് ജ്ഞാനികളായിട്ടുള്ളവർ ഏതൊന്നിനെ നേടുമോ അത് യോഗയിൽ അഭിഗമ്യതയെ യോഗം കൊണ്ട് കർമ്മയോഗം കൊണ്ടും നേടും അവരെ ശരീരം മനസ്സൊക്കെ വിട്ടുപോകുവാർ അതായത് ചുരുക്കത്തിൽ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിന് വേണ്ടി മനസ്സിനു വേണ്ടി സദാ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ചിന്തകളൊക്കെ മറ്റുള്ളവർക്ക് ഹിതം എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നു ബുദ്ധി കൊണ്ടുള്ള അറിവൊക്കെ തന്നെ ലോകമംഗളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഉള്ളിലുള്ള അഭിമാനം പതുക്കെ കെട്ടുപോകുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്നും അതിന് ശരീരം പ്രവർത്തിക്കണോ പക്ഷെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി എന്തിനെങ്കിലും വേണ്ടി പ്രവർത്തിക്കണോ മനസ്സുകൊണ്ട് ചിന്തിക്കണു പക്ഷെ ചിന്തകളൊന്നും എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി ചിന്തിച്ചാലേ എനിക്ക് ദുഃഖമുള്ളൂ ചിന്തകളൊക്കെ തന്നെ ലോകഹിതത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവര് സംശുദ്ധരാകും പതുക്കെ പതുക്കെ ഒക്കെ വിട്ടുപോകും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിച്ചാൽ ചിന്തകൾ നിൽക്കില്ല എപ്പോഴും അഭിമാന വൃത്തിയുടെ നിന്നാലേ ചിന്തകൾ നിൽക്കുകയുള്ളൂ എന്ത് ചിന്തയും നിൽക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുമ്പോഴേ നിൽക്കുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിച്ചാൽ ആ കർമ്മം കഴിഞ്ഞ് ആ ചിന്തയും കെട്ടുപോകും ഇപ്പൊ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോ ഓഫീസുകാരെ ടെൻഷനോട് കൂടെ ചിന്തിക്കും അത് കഴിഞ്ഞാലോ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ ആ ടെൻഷൻ ഉണ്ടാവോ പോയി അല്ലേ എന്തുകൊണ്ട് പോയി അത് ആണെന്നുള്ള വിചാരം ഇല്ലാത്തത് കൊണ്ട് അത് കഴിഞ്ഞതോയി ബാങ്കിൽ എത്ര പണവാ അങ്ങോട്ട് കൊടുത്തും വാങ്ങുക ഒക്കെ കാഷ്യർ അയാൾക്ക് ഓർമ്മയുണ്ടാവോ അത് കഴിഞ്ഞിട്ട് ഇത്ര പണമുണ്ടെന്ന് അഭിമാനിക്കുവോ ഒന്നും അയാൾക്കില്ല അത് തന്റെ അല്ല അത് എത്ര ചെയ്താലും അയാളെ ബന്ധിക്കില്ല അതേപോലെ യത്ത് സാഖ്യൈ പ്രാപ്യത സ്ഥാനം തദ്ദേശ അതം സാഖ്യം ചോദം പശ്യതി ഫലൈകത് സഹ പശ്യ സമ്യക് പശ്യത്തി അതിനാണ് സമ്യക് ജാനം പേര് രണ്ടു ഒന്നാണ് കർമ്മയോഗി ക്രമേണ സാഖ്യയോഗിയായിട്ട് തീരും സന്യാസിയായിട്ട് തീരും ക്രമേണ അയാളുടെ ശരീരം ശുദ്ധമാവും ശരീരത്തില് നമ്മൾ ഓരോ സ്വാർത്ഥ ചിന്ത വരുമ്പോഴും ആ സ്വാർത്ഥ ചിന്ത ഒരുതരം വൈബ്രേഷൻ നമ്മളുടെ ശരീര കോശങ്ങളിലൊക്കെ ഉണ്ടാക്കും നമുക്ക് കാണാം നിസ്വാർത്ഥരാകുമ്പോൾ അവർക്കൊരു അലൗകിക സൗന്ദര്യം വരുന്നു ആ സൗന്ദര്യം എവിടെ നിന്ന് വരുന്നു വെച്ചാൽ സ്വാർത്ഥം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചില വികാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും നമ്മൾക്ക് കാണാം പ്രത്യേക തരത്തിലുള്ള സ്പന്ദനം നമ്മൾ നിസ്വാർത്ഥമാവുമ്പോ ശരിയായ ഭക്തി ഉണ്ടാവുമ്പോ സ്നേഹം ഉണ്ടാവുമ്പോ ശാന്തി ഉണ്ടാവുമ്പോ കാണാം കോശത്തിലെ ഓരോ കോശങ്ങളിലും തീർത്ഥം പ്രവഹിക്കുന്ന പോലെ ഒരു ശീതളത അപ്പൊ നിത്യനിരന്തരം തന്റെ ശരീരത്തിന് തന്റെ സ്വാർത്ഥമായ ചിജ്ജട ഗ്രന്ഥിയോട് ബന്ധപ്പെടാതെ രോഗമംഗളത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ കോശങ്ങളിൽ എന്ത് പ്രവഹിക്കും എന്തോ ഒരു പ്രവഹിക്കും കുറെ കഴിയുമ്പോൾ ശരീരം ശുദ്ധമാവും ട്രാൻസ്പെറൻ്റ് ആവും അയാളുടെ ചിത്തവും ശുദ്ധമാവും ചിത്തവും ശരീരവും ഒക്കെ ഒന്നാണ് ചിത്തത്തിന്റെ മിടിപ്പ് ശരീരത്തിലെ കാണാം അല്ലേ ഓരോ തരം വികാരങ്ങൾ വരുമ്പോ ശരീരത്തിൽ ഓരോ തരത്തിലുള്ള മിടിപ്പുകൾ ഉണ്ടാവുന്നുണ്ട് നമുക്ക് തന്നെ കാണാതെ ദേഷ്യം വരുമ്പോ ശരീരം മുഴുവൻ എരിഞ്ഞ് പൊകഞ്ഞു നിൽക്കുന്നത് കാണാം ടെൻഷൻ ഉണ്ടാവുമ്പോ ഡിപ്രഷൻ ഉണ്ടാവുമ്പോ നമ്മളുടെ കാര്യം സാധിക്കാതെ വരുമോ നമ്മളെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അപ്പോഴൊക്കെ കാണാം മനസ്സ് മാത്രമല്ല ശരീരത്തിലും ഓരോ കോശത്തിലും അടിവയറ്റിൽ നിന്ന് തലനാരുവരെ ഓരോ തരത്തിലും നമ്മൾക്ക് ടെൻഷൻ ആ ഡിപ്രഷൻ നമ്മളുടെ ശരീരത്തിൽ മുഴുവൻ തൊടുന്നത് കാണാം അപ്പൊ ചിത്തം ശരീരം മുഴുവൻ വ്യാപിച്ചു നിക്കുന്നു ശരീരാകാരം പൂണ്ട് അന്നമയത്തിന്റെ ആകാരം പൂണ്ട് തന്നെയാണോ മനോമയ കോശം നിക്കണത് അത് പ്രാണമയകോശം നടുവിലുള്ളതിനെയും അത് ബാധിക്കണം അപ്പൊ പ്രാണന്റെ ഒഴുക്കിനെയൊക്കെ തടസ്സപ്പെടുത്തും യോഗം പൂർണ്ണമാണ് ഒന്നും വരെ വരെ നിൽക്കില്ല അപ്പോ നിസ്വാർത്ഥനാവുന്ന ആളുടെ നിസ്വാർത്ഥത അയാളുടെ ശരീരത്തിലെ ഓരോ കോശത്തിനെയും ശുദ്ധമാക്കും ശരീരത്തിനെ തന്നെ ശുദ്ധമാക്കും ശരീരത്തിൽ അലൗകികത വരുന്നത് ശരീരത്തിൽ നിന്ന് അയാൾ വിടുന്നത് അല്ലാതെ ശരീരത്തിൽ അയാൾ പറ്റി നിക്കണത് അയാളുടെ ഉള്ളിലുള്ള ചിജട ഗ്രന്ഥി അഭിമാനഗ്രന്ഥി ദേഹസംബന്ധ വിച്ഛേദം വരുത്തുന്നതുകൊണ്ട് ദേഹത്തിലൊരു അലൗകികമായ ശാന്തി ശീതളത ഉണ്ടാവും അതാണ് സുഖംബന്ധാ പ്രമുച്ഛത്തെ എന്ന് പറയുന്നത് അപ്പോ അയാൾ ക്രമേണ വാസ്തവത്തിൽ ജ്ഞാനയോഗത്തിന് അധികാരിയാവും കർമ്മയോഗം കൊണ്ട് ശരീരമനസ്സുകളെ തനിക്ക് വേണ്ടി ഉപയോഗിക്കാതെ പരിശീലിച്ച ആൾക്ക് ഒരു ഘട്ടത്തിൽ ഈ ശരീരം നീയല്ല ഈ മനസ്സ് നീയല്ല ബുദ്ധി നീയല്ല നീ അതിന് പുറകിലൊക്കെ നിത്യശുദ്ധമായ വസ്തുവാണെന്ന് പറയുമ്പോൾ അയാൾക്ക് അതിൽ ചിത്തം ലഗ്നമാവാൻ ഒരു ബുദ്ധിമുട്ടില്ല ശ്രദ്ധ അവിടെ പോയി നിൽക്കാൻ ഒരു വിഷമല്ല പലപ്പോഴും സ്ത്രീകൾക്ക് ഈ അധ്യാത്മവിഷയങ്ങൾ പെട്ടെന്ന് പിടികെട്ടുന്നുണ്ട് അതിന് കാരണം നമ്മളുടെ പരമ്പരയില് സ്ത്രീകൾക്ക് കർമ്മയോഗത്തിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് സന്ദർഭം ഇപ്പോഴത്തെ കാലത്തെ സ്ത്രീകളുടെ കാര്യമല്ല പറഞ്ഞത് അടുക്കള പണി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അടുക്കള പണി മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശമ്പളമൊന്നും ആരും തരാൻ പോകണില്ലല്ലോ റെക്കഗ്നീഷനും കിട്ടില്ല അല്ലേ ആരും അവാർഡ് തരില്ല നിങ്ങളുടെ ഭർത്താവിന് അവാർഡ് ഒക്കെ കൊടുക്കുമായിരിക്കും സോഷ്യൽ സർവീസിന് അവാർഡ് കൊടുക്കുമായിരിക്കും ചിലപ്പോൾ പക്ഷെ ഭാര്യയ്ക്ക് കിട്ടില്ല അവര് തരുക എത്രയോ കാലമായി സർവീസ് ചെയ്യുന്നു ഒന്നും റെക്കഗ്നീഷന അവരത് സ്വീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവർ സന്തോഷപ്പെടുന്നു അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ സഹജമായ അംഗീകരിച്ചിരിക്കുന്ന ജോലി തന്നെ അവർക്ക് ഒരു കർമ്മയോഗത്തിനൊരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കണുണ്ട് പിന്നെ അവരായിട്ട് ഉള്ളൂ അങ്ങനെയാണ് പലരും ഭഗവാൻ നമ്മൾക്ക് കൃപയായ ഒരു സ്ത്രീ ശരീരം തരികയും കൃപയാ നമ്മളുടെ ജീവിത പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവുന്നത് നമ്മളെ ആര് നോക്കും എന്നാണ് ആ ടെൻഷനും ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല കുടുംബത്തിലൊരു ഭാഗമായി ആരോ പണിയെടുക്കണോ നമുക്ക് ഭക്ഷണം കിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല ഭർത്താവ് കൊണ്ടുവന്ന് പണമൊക്കെ വാങ്ങി വെച്ചാൽ പോലും അതിനൊന്നും ആലോചിക്കില്ല അതൊക്കെ വ്യവഹാരമൊക്കെ ചെയ്യും എന്നാലും തന്റെ ജോലിക്ക് തനി ശമ്പളവും ഇല്ല അത് വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഭാഗവതത്തിലും ഭഗവാൻ പറഞ്ഞ ആ വിപ്രപത്നികൾക്ക് കിട്ടിയത് ബ്രാഹ്മണർക്ക് കിട്ടാതിരിക്കാൻ കാരണം എന്താ അവർക്ക് സഹജമായി എന്താ ദർശകൻ ലൗകിക്കയും ഗത്യം എന്ന് ഭാഗവതത്തിൽ കൃഷ്ണൻ തന്നെ പറഞ്ഞു സ്ത്രീകൾക്ക് അതിനുള്ള ചാൻസ് കുറച്ച് കൂടുതലായിട്ട് ഭഗവാൻ കൊടുത്തിട്ടുണ്ടോ എന്നാണ് കർമ്മയോഗത്തിന് ഇന്ന് ഗീതയിൽ ഇത് പറഞ്ഞു കണ്ടില്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി നിങ്ങൾ പറഞ്ഞാൽ അത് പോയി പോവും അതിലഭിമാനിച്ചാൽ അത് പോയി പോകും പക്ഷെ അതൊരു സന്ദർഭമാണ് ചാൻസ് ആണ് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും കർമ്മം കർമ്മയോഗമായിട്ട് തീരും യജ്ഞാർത്ഥാത് കർമ്മോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്തേയ മുക്തസംഗ സമാചര ആ ഒറ്റ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കർമ്മമല്ല ബന്ധ യജ്ഞത്തിനായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഒഴിച്ചുള്ള കർമ്മങ്ങൾ കൊണ്ട് ലോകത്തിലെല്ലാരും ബന്ധപ്പെടുന്നു ഹേ അർജുന അതുകൊണ്ട് യജ്ഞത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യൂ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന ഗംഭീരമായ ശ്ലോകമാണ് യജ്ഞത്തിനായിക്കൊണ്ട് അല്ലാതുള്ള കർമ്മങ്ങൾ കൊണ്ട് എല്ലാവരും ബന്ധപ്പെട്ട് കിടക്കാണ് അതുകൊണ്ട് അർജുന യജ്ഞത്തിനായി കർമ്മം ചെയ്യും നിനക്ക് വേണ്ടി ചെയ്യണ്ട ചെയ്തു കൊണ്ടേ പാരമാർത്ഥികമായി ഹിതം ഉണ്ടാവും തന്നെ ആരാ സഹായിക്കുന്നു തനിക്ക് ആര് എന്തെങ്കിലുമൊക്കെ പേരു തരുന്നു താൻ ചെയ്യുന്ന നന്മയെ കുറിച്ച് ആരെങ്കിലും പറയുന്നു ഒന്നും നോക്കാതെ ഉള്ളിലിരിക്കുന്ന അന്തരയാമി പ്രസാദിക്കുന്നുവെന്നും തൻ്റെ പ്രാരബ്ധ ഒഴിഞ്ഞു പോകുന്നുവെന്നും തൻ്റെ കർമ്മം ലോകത്തിന് വിശ്വാത്മാവായുള്ള ഭഗവാൻ പൂജയാണെന്നും എന്തെങ്കിലും ഒരു ഭാവത്തിനെ സ്വീകരിച്ച് ചെയ്ത് പതുക്കെ യചിച്ചങ്ങട് നീക്കാം അങ്ങനെയാണെങ്കിൽ കർമ്മം ബന്ധിക്കില്ല അത്തരത്തിലുള്ള കർമ്മം കൊണ്ടല്ലാതെ സന്യാസമെന്നു പറയുന്ന ത്യാഗം സമ്പൂർണമായ ത്യാഗം അതായത് ജീവൻ മുക്തി പരമഹംസ സ്ഥിതി കൈവല്യം ഏകാന്തയോഗിത്വം ഉണ്ടാവുന്നത് വളരെ വിഷമാണ് ഇങ്ങനെയുള്ള കർമ്മം കൊണ്ട് ചിത്തശുദ്ധി നേടാതെ ഏകാന്തയോഗിത്വം കാക്ഷിക്കുന്നവൻ അരേന്ദത്തിനെ കണ്ടു പറക്കുന്ന കാക്കയെ പോലെയാണെന്നാണ് നമ്മുടെ ഹരിനാമ കീർത്തനക്കാരൻ പറഞ്ഞത് അയാൾക്ക് അരയന്നം പറക്കണത് കൊണ്ട് കാക്ക പറഞ്ഞാൽ ശരിയാവുമോ അതുപോലെ അതുപോലെ പരമഹംസന്മാരെ കണ്ടിട്ട് ആശിച്ചിട്ട് കാര്യമില്ല അതുപോലെ ആവണമെന്ന് നിനക്ക് ഇവിടെ ഉള്ള ചങ്ങലകൾ ഓരോന്നായും മുറിച്ചു കളയണം അതിന് വേണം നിസ്വാർത്ഥമായി പ്രവർത്തിക്കണം നിസ്വാർത്ഥമായി പ്രവർത്തിക്കണം അപ്പൊ എന്താവും പ്രവൃത്തിയുടെ വേഗം കെട്ടടങ്ങും സ്വാർത്ഥതയും കെട്ടടങ്ങും ശാന്തമാവും ആ ശാന്തമാവുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ആ അന്തര്യാമി തന്നെ ഏതെങ്കിലും രൂപം ധരിച്ചു പുറത്തു വന്ന് തത്വോപദേശം ചെയ്യും ഞാൻ നിന്റെ ഉള്ളിലുണ്ട് എന്ന് പുറത്തു വന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോകും നമ്മളെവിടിച്ച് ഉള്ളിൽ കൊണ്ടുപോകും അപ്പോ നമ്മള് ഉള്ളിലുള്ള സത്തയെ കാണും ജനനമരണങ്ങളെ ജയിക്കും അമൃതാനുഭവത്തിനെ നേടും ശോകമകലും ചിത്തം സത്യത്തിനെ അകമേ കണ്ടെത്ത് കണ്ടെത്തി സ്വാത്മസുഖം അനുഭവിക്കും ബ്രാഹ്മീ സ്ഥിതിയിൽ ഇരിക്കും ബ്രഹ്മനിർവ്വാണ സ്ഥിതിയിൽ ഇരിക്കും ഇതാണ് ഗീതയുടെ ലക്ഷ്യസ്ഥാനം ആയ ധാമം അതിനാണ് കർമ്മയോഗത്തിന് വലിയ അനുഗ്രഹമായിട്ട് ഭഗവാൻ പറഞ്ഞത് ഇനിയും തുടർന്ന് നാളെ കാണാം രാവിലെ ആറര മണിക്ക് കാണാം വീണ്ടും ഫലനോദഗ്ധപഞ്ചു കീടം ശോളാഹതാരതികൂട്ട ശുദ്ധവക്േന്ദു ചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ അംഗേ വിരാജഭുജംഗ ംഗാഭിരാമോത്തമാകാരണീകുരംഗം സിദ്ധസംസേവിത്രി ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവദേവദ ശംഭോ ശംഭോ മഹാദേവദ നിിദന്ദ ശീഷലോകേശ വൈരി പ്രതം കാർത്തസ്വരാഗേന്ദ്രചാസം ഭജേ ദിവസന്മാർഗന്ധു ശംഭോ മഹാദേവദംഭോ മഹാദേശ ശംഭോ ശംഭോ മഹാദേവ കർപ്പർപ്പഗ്രമീശം കാശം മഹാവ്യോമകേശം കുന്ദന്തം സുരേശോര്യ പ്രകാശ മാർഗന്ധു ശംഭോ മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവദേ മന്ദാരൂതേരുദാരം മന്ദഗേന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ദൂരദൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേവ േ പിണു സന്ധു നിരാമയാേ ഭദ്രാണു പശ്യൻ മാ കിഖഭ് ഭവു യമാവ തോ നച്ചിദസ്തിഥാഷ്ടം കുത്മനം രമണം വച്ചാ ഹര നമ പാർവതപതേ ഹര ഹര മഹാദേ